അങ്ങനെ ഞങ്ങൾ ഇസ്രായേൽ സന്തതികളെ കടൽ കടത്തി അഹങ്കാരത്തോടും ശത്രുതയോടും കൂടി ഫിർആൌനും അവന്റെ സൈന്യവും അവരെ പിന്തുടർന്നു ഒടുവിൽ മുങ്ങിമരിക്കാൻ തുടങ്ങുമ്പോഴാണവൻ പറഞ്ഞത് ഇസ്രായേൽ സന്തതികൾ വിശ്വസിച്ച ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും ഞാൻ മുസ്ലിംകളിലൊരാളാണെന്നും ഞാൻ വിശ്വസിക്കുന്നു